ായം പതിന ഇങ്ങനെ അവർ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവന്ന് ദാവീദ് അതിനായിട്ട് അടിച്ചിരുന്ന കൂടാരത്തിനകത്ത് വെച്ചു പിന്നെ അവർ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു ദാവീദ് ഹോമയാഗവും സമാധാനയാഗങ്ങളും കഴിച്ചു തീർന്ന ശേഷം ജനത്തെ യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു അവൻ ഇസ്രയേലിൽ ഓരോ പുരുഷനും സ്ത്രീക്കും ആളൊന്നിന് ഒരപ്പവും ഒരു ഖണ്ണമിറച്ചിയും ഒരു മുന്തിരിങ്ങാക്കട്ട വീതം വിഭാഗിച്ചു കൊടുത്തു അവൻ യഹോബയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ ഇസ്രയേലിന്റെ ദൈവമായ യഹോബയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ലേവ്യരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചു ആസാഫ് തലവൻ രണ്ടാമൻ സഖരിയാവും പിന്നെ എൽ ഷെമീരാമോ യഹിയേൽ മത്തി എലിയബ് ബനായാവ് ഒബേദേ കിന്നരവും വായിച്ചു ആസാഫ് കൈത്താളം കൊട്ടി പുരോഹിതന്മാരായ ബനായാവും യഹസിയേലും ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തിന്റെ മുമ്പിൽ നിരന്തരം കാഹളമൂതി അന്ന് ആ ദിവസം തന്നെ ദാവീദ് ആസാഫും അവന്റെ സഹോദരന്മാരും മുഖാന്തരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് ആദ്യം നിയമിച്ചതെന്തെന്നാൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ ആരാധിപ്പീൻ ജാതികളുടെ ഇടയിൽ അവന്റെ പ്രവർത്തികളെ അറിയിപ്പീൻ അവന് പാടി കീർത്തനം ചെയ്യുവീൻ അവന്റെ അത്ഭുതങ്ങളെയൊക്കെയും വർണ്ണിപ്പീൻ അവന്റെ വിശുദ്ധ നാമത്തിൽ പുകഴു യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ യഹോവയെയും അവന്റെ ശക്തിയെയും തേടുവീൻ അവന്റെ മുഖം നിരന്തരം അന്വേഷിപ്പീൻ അവന്റെ ദാസനായ ഇസ്രയേലിന്റെ സന്താനമേ അവന്റെ വൃതന്മാരായ യാക്കോബ് പുത്രന്മാരെ അവൻ ചെയ്ത അത്ഭുതങ്ങളും അരുളി അടയാളങ്ങളും വിധികളും ഓർത്തുകൊള്ളുവീൻ അവനല്ലോ നമ്മുടെ ദൈവമായ യഹോവ അവന്റെ ന്യായവിധികൾ സർവഭൂമിയിലും ഉണ്ട് അവന്റെ വചനം ആയിരം തലമുറയോളവും അവന്റെ നിയമം എന്നേക്കും ഓർത്തുകൊള്ളി അബ്രഹ്മോട് അവൻ ചെയ്ത നിയമവും ഇസഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ അതിനെ അവൻ യാക്കോബിന് ഒരു പ്രമാണമായും ഇസ്രയേലിനൊരു ശാശ്വത നിയമമായും ഉറപ്പിച്ചു ഞാൻ നിനക്ക് അവകാശമായി കനാൻ ദേശത്തെ തരുമെന്ന് കൽപ്പിച്ചു നിങ്ങൾ എണ്ണം കുറഞ്ഞ് ചുരുക്കം പേരും അവിടെ പരദേശികളും ആയിരിക്കുമ്പോഴും അവർ ഒരു ജാതിയെ വിട്ട് മറ്റൊരു ജാതിയിലേക്കും ഒരു രാജ്യം വിട്ട് മറ്റൊരു വംശത്തിലേക്കും പോകുമ്പോഴും ആരും അവരെ പീഡിപ്പിപ്പാൻ സമ്മതിച്ചില്ല അവർ നിമിത്തം രാജാക്കന്മാരെയും ശാസിച്ചത് എന്റെ അഭിഷിക്തന്മാരെ എന്റെ പ്രവാചകന്മാർക്ക് ദോഷം ചെയ്യുകയുമരുത് സർവഭൂവാസികളെ യഹോവയ്ക്ക് പാടുവീൻ നാൾക്കുനാൾ അവന്റെ രക്ഷയെ പ്രസ്താവിപ്പീൻ ജാതികളുടെ നടുവിൽ അവന്റെ മഹത്വവും സർവവംശങ്ങളുടെയും മധ്യേ അവന്റെ അത്ഭുതങ്ങളും കഥിപ്പീൻ യഹോവ അത്യന്തം സ്തുതിയനും സർവ്വ ദേവന്മാരിലും അതിഭയങ്കരനുമല്ലോ ജാതികളുടെ സകല ദേവന്മാരും വിഗ്രഹങ്ങളത്രെ യഹോവയോ ആകാശത്തെ ചമച്ചവൻ യശസ്സും തേജസ്സും അവന്റെ സന്നും ബലവും ആനന്ദവും അവന്റെ വാസസ്ഥലത്തിലും ഉണ്ട് ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പീൻ യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പീൻ കാഴ്ചയുമായി അവന്റെ സന്നദ്ധിയിൽ ചെല്ലുവീൻ വിശുദ്ധ ധരിച്ചുകൊണ്ട് യഹോവയെ നമസ്കരിപ്പീൻ സർവഭൂമിയെ അവന്റെ സന്നദ്ധിയിൽ നടുങ്ങുക ഭൂതലം കുലുങ്ങാതവണ്ണം സ്ഥാപിതമാകുന്നു സ്വർഗ്ഗം ആനന്ദിക്കട്ടെ ഭൂമി ഉല്ലസിക്കട്ടെ യഹോവ വാഴുന്നു എന്ന് ജാതികളുടെ മധ്യയെ ഘോഷിക്കട്ടെ സമുദ്രവും അതിന്റെ പൂർണതയും മുഴങ്ങട്ടെ വയലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ അന്ന് വനത്തിലെ വൃക്ഷങ്ങൾ യഹോവയുടെ മുമ്പിൽ ആർക്കും അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നുവല്ലോ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ അവൻ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളത് ഞങ്ങളുടെ രക്ഷയായ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ തിരുനാമത്തെ വാഴ്ത്തി നിന്റെ സ്തുതിയിൽ പുകഴുവാൻ ജാതികളുടെ ഇടയിൽ നിന്ന് വിടിവിച്ച് ശേഖരിക്കണമേ എന്നു പറയേലിൻ ദൈവമായ യഹോവ എന്നുമെന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ സകല ജനവും ആമേനെന്നു പറഞ്ഞ് യഹോവയെ സ്തുതിച്ചു ഇങ്ങനെ പെട്ടകത്തിന്റെ മുമ്പിൽ ദിവസം വേലയുടെ ആവശ്യം പോലെ നിത്യം ശുശ്രൂഷിക്കേണ്ടതിന് ആസാഫിനെയും അവന്റെ സഹോദരന്മാരെയും ഓബെ ദേദോമിനെയും അവരുടെ സഹോദരന്മാരായ അറുപത്തെട്ട് പേരെയും യഹോവയുടെ പെട്ടകത്തിനു മുമ്പിലും യദൂഥുന്റെ മകനായ ഓബെ ദേദോമിനെയും ഹോസ്രയെയും വാതിൽക്കാവൽക്കാരായും നിർത്തി പുരോഹിതനായ സാദൂക്കിനെയും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരെയും ഗിബയോനിലെ പൂജാഗിരിയിൽ യഹോവയുടെ തിരുനിവാസത്തിനു മുമ്പിൽ യഹോവ ഇസ്രയേലിനോട് കൽപ്പിച്ചിട്ടുള്ള അവന്റെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരമൊക്കെയും രാവിലെയും വൈകുന്നേരവും നിത്യം ഹോമപീഠത്തിന്മേൽ യഹോവയ്ക്ക് ഹോമയാഗം കഴിപ്പാനും അവരോടുകൂടെ ഹേമാൻ യദുധൂൻ മുതലായി പേർവിവരം പറഞ്ഞിരിക്കുന്ന ശ്രേഷ്ഠന്മാരെയും അവന്റെ ദയ എന്നിങ്ങനെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാനും ിയമിച്ചു അവരോടുകൂടെ ഹേമാനെയും യദൂധുനേയും കാഹളം കൈത്താളം എന്നിങ്ങനെ ദിവ്യ സംഗീതത്തിനായുള്ള വാദ്യങ്ങളെ ധ്വനിപ്പിക്കേണ്ടതിന് നിയമിച്ചു യദൂധുന്റെ പുത്രന്മാർ വാതിൽക്കാവൽക്കാർ ആയിരുന്നു പിന്നെ സർവ്വജനവും ഓരോരുത്തൻ തന്ത വീട്ടിലേക്ക് പോയി ദാവീദും തന്റെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ മടങ്ങിപ്പോയി